ജിബ്രീൽ അലഹിസ്സലാമിന് ശത്രുവായവൻ ആരെങ്കിലുമുണ്ടെങ്കിൽ അള്ളാഹു സുബഹാനുഹു വറ്റാലായുടെ അനുമതിയോടെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കുർആാൻ ഇറക്കിക്കൊടുത്തത് അദ്ദേഹമാകുന്നു അത് മുൻപുള്ളതിനെ സത്യപ്പെടുത്തുന്നതായും വിശ്വാസികൾക്ക് മാർഗദർശനമായും സന്തോഷവാർത്തയായും ആകുന്നു എന്ന് പറയുക